ിംബമായി മനസ്സിനാശ്വാസമായി പ്രകാശധാരയിലേക്ക് ഏറെ സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ശാലോ മിനിസ്ട്രികളുടെ സ്ഥാപകനായ ഷവലിയർ ബെന്നിപുന്ന സാറിൻ്റെ എഡിറ്റോറിയലുകളുടെ ഒരു സമാഹാരമാണ് ഷീനാർ സമതലത്തിലെ വിലാഭങ്ങൾ ഈ പുസ്തകത്തിൽ നിന്നുമുള്ള ചില മനോഹരമായ ചിന്തകളാണ് നിങ്ങളുമായി ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് ഇന്നത്തെ പ്രകാശധാരയിൽ നമ്മൾ ചിന്തിക്കുന്നത് സത്യം പറയുന്നത് പാപമാണ് എന്നതിനെക്കുറിച്ചാണ് നമുക്കറിയാം ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യഥാർത്ഥ സത്യത്തെ വളച്ചൊടിക്കുന്ന വാർത്തകളാണ് പലപ്പോഴും നന്മയായിട്ടുള്ളതിനെ തിന്മയായും തിന്മയായിട്ടുള്ളതിനെ നന്മയായും ചിത്രീകരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളൊക്കെ എന്ന് ജീവിക്കുന്നത് ഒരു കഥ പറയാം ബാഗ്ദാദിലെ ഗലീഫുമാരിൽ ഒരാളായിരുന്നു അൽ മാമൂൻ അദ്ദേഹത്തിന് വളരെ ആകർഷണീയതയുള്ള ഒരു അറേബ്യൻ കുതിരയുണ്ടായിരുന്നു ഗോത്രത്തലവനായ ഓമാക്ക് ഈ കുതിരയെ സ്വന്തം ആക്കണമെന്നൊരു മോഹം അദ്ദേഹം മാമൂനെ സമീപിച്ച് കുതിരയ്ക്ക് എത്ര ഒട്ടകത്തെ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു പക്ഷേ അൽ കുതിരയെ വിൽക്കാൻ തയ്യാറായില്ല ക്ഷുഭിതനായ ഓമ കുതിരയെ തട്ടിയെടുക്കാനായി മറ്റൊരു ഉപായം കണ്ടെത്തി അയാൾ ഒരു ഭിക്ഷക്കാരൻ്റെ വേഷം കിട്ടിയ ശേഷം അൽമാമൂൻ യാത്ര ചെയ്യുന്ന വിജനമായ ഒരു വഴിയരികിൽ രോഗിയും അഭിനയിച്ചു കിടന്നു വഴിയരികിൽ അവശനായി കിടക്കുന്ന മനുഷ്യനെ കണ്ട് അൽമാമൂൻ കുതിരയെ നിർത്തി കാര്യം താൻ ഭക്ഷണം കഴിച്ചിട്ട് നിരവധി ദിവസങ്ങളായെന്നും ഇവിടെ നിന്നും എഴുന്നേൽക്കാൻ പോലും ശക്തി തനിക്കില്ലെന്നും അയാൾ ദയനീയ സ്വരത്തിൽ പറഞ്ഞു മനസ്സലിവ് തോന്നിയ അൽമാമൂൻ കുതിരപ്പുറത്തു നിന്നും താഴെയിറങ്ങി ഭിക്ഷക്കാരനെ താങ്ങിപ്പിടിച്ച് കുതിരപ്പുറത്ത് കയറ്റിയിരുന്നു കുതിരപ്പുറത്ത് കയറിയ ഉടൻ ഭിക്ഷക്കാരൻ കടിഞ്ഞാൻ കൈയിലെടുത്ത് അതിനെ വേഗത്തിൽ ഓടിച്ചു അൽമാമൂനാകട്ടെ കുതിരയുടെ പുറകെ നിൽക്ക് നിൽക്ക് അയ്യോ നിൽക്ക് എന്ന് വിളിച്ചു ഓടി കുറെ മുന്നോട്ടു ചെന്നപ്പോൾ ഓമ കുതിരയെ നിർത്തി തിരിഞ്ഞു നിന്നു അപ്പോൾ അൽമാമൂൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു നിങ്ങൾ എൻ്റെ കുതിരയെ മോഷ്ടിച്ചു പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട് ഈ കുതിരയെ നിങ്ങൾ തട്ടിയെടുത്തത് എങ്ങനെയാണെന്ന് ആരോടും പറയല്ല അതെന്താണ് കാരണം ഓമ ചോദിച്ചു എന്നെങ്കിലും ഒരു യഥാർത്ഥത്തിൽ രോഗിയും അവശനുമായ ഒരാൾ വഴിയരികിൽ കിടന്നിരിക്കും നിങ്ങളുടെ വഞ്ചനയുടെ കഥ ജനങ്ങളറിഞ്ഞാൽ അവർ കുതിരപ്പുറത്തു നിന്നിറങ്ങാതെ യഥാർത്ഥമായും സഹായമർഹിക്കുന്ന ആ മനുഷ്യനെ അവഗണിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇത് കേട്ടപ്പോൾ ഓമായ്ക്ക് ലജ്ജയും പശ്ചാത്താപവും തോന്നി അയാൾ ക്ഷമ പറഞ്ഞ് കുതിരയെ അൽമാമൂന് തിരികെ കൊടുത്തു പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തിന്മയേക്കാളേറെ തിന്മയ്ക്ക് ലഭിക്കുന്ന പബ്ലിസിറ്റിയാണ് സമൂഹത്തിൽ ദൂഷ്യം വിതയ്ക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം സ്നേഹം സ്നേഹത്തെ ഉണർത്തുന്നു വിദ്വേഷം വിദ്വേഷത്തെയും ഇതുപോലെ നന്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ നന്മകൾ ഉണരും എന്നാൽ തിന്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ തിന്മകളാണ് ഉണരുക നമുക്കറിയാം കൊലപാതകങ്ങൾ മുതൽ അവിഹിത ബന്ധങ്ങൾ വരെ അമിതമായി വർണ്ണിച്ച് ഇന്നത്തെ മാധ്യമങ്ങൾ സ്പെഷ്യൽ ഫീച്ചറുകളാക്കി വിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എങ്ങനെയാണ് വിദഗ്ധമായി മോഷണം നടത്തേണ്ടതെന്ന് മോഷണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അനേകരെ പഠിപ്പിക്കും കൊലപാതകത്തിനുള്ള വിദ്യകളും സാമ്പത്തിക തട്ടിപ്പിനുള്ള വഴികളും ഇന്ന് സത്യസന്ധമായ റിപ്പോർട്ടിംഗ് എന്ന പേരിൽ മാധ്യമങ്ങൾ ജനങ്ങൾ എത്തിച്ചു ഉദാഹരണം പറഞ്ഞാൽ കടക്കണി മൂലം കർഷകൻ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കടക്കണിയിൽപ്പെട്ടിരിക്കുന്ന മറ്റ് കർഷകരെയും ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കില്ലേ ബാങ്കിൽ നിന്നും ലോൺ കിട്ടാത്തതിൻ്റെ പേരിലും കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടാത്തതിൻ്റെ പേരിലുമൊക്കെ ആത്മഹത്യ ചെയ്യുന്നവർക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമാണത് അതുകൊണ്ട് നമുക്കറിയാം നന്മയെ നന്മയായി കാണിച്ചുകൊടുക്കുക അമിതമായ പ്രാധാന്യം മറ്റൊന്നിനും കൊടുക്കാതിരിക്കുക നമുക്കറിയാം എല്ലാ സത്യങ്ങളും അത് വിളിച്ചു സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ഒക്കെ ലക്ഷ്യം അതുകൊണ്ട് സത്യം പറയുന്നവനല്ല പ്രവാചകൻ പ്രത്യുത ദൈവ തിരുമനസ് പ്രഖ്യാപിക്കുന്നവനാണ് സത്യത്തിനും നന്മയ്ക്കും ഉപരിയായ ഒന്നാണ് ദൈവ നല്ലൊരു കാര്യമായിരിക്കാം പറയുന്നത് പക്ഷേ അത് എപ്പോൾ എവിടെ എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള ഒരു ദൈവ തിരുമനസ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ നന്മയെ നന്മയായി കാണുവാനും തിന്മയെ തിന്മയായി കാണുവാൻ ഈ ലോകത്തിന് മുൻപിൽ നന്മ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തിന്മ ചെയ്യരുത് എന്ന് പറയുവാൻ അതിനുള്ള ഒരു ഇച്ഛാശക്തിയും ആജ്ഞാശക്തിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ആ പ്രകാശധാര നമുക്കായി അവതരിപ്പിച്ചത് ജിനോബി ജോസ്